ഹൃദയം ആദ്യം ഹൃദയ ഹൃദയത്തിന്റെ ആ ഭാഗം കട്ട് ചെയ്യണം അത പിന്നീട് ജിഹ്വ പിന്നെ അധശ്ദി അഗ്രഅ ശബ്ദം അഗ്രശബ്ദവും അധശ്ദവും ഉപയോഗിച്ചിരിക്കുന്ന ക്രമത്തിന് വേണ്ടിയിട്ടാണ് പങ്കേജന ആദ്യം പിന്നെ അത് കട്ട് ചെയ്യണം പിന്നെ ക്രമം അതുപോലൊരു ക്രമം ധർമ്മ ജിജ്ഞാസയും ബ്രഹ്മിജ്ഞാസയും തമ്മിൽ ഇല്ല എന്നാ പറയുന്നത് ഗാർഗസ്ഥ്യം കഴിഞ്ഞിട്ട് ബ്രഹ്മ ജിജ്ഞാസ ഗാർഗസ്ത്യംന്ന് പറയുമ്പോൾ ഗൃഹസ്ഥാവശർമ സ്വീകരിച്ച് അവിടെ നിത്യ നൈനിത്യ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് അത് കഴിഞ്ഞ് പിന്നീട് ബ്രഹ്മ ജിജ്ഞാസ അങ്ങനൊരു കർമ്മ ഇല്ല എന്നാ തഥാഹ്യ കർമ്മവും വിപക്ഷിതം അങ്ങനെയൊരു കർമ്മവും കൂടെ ിജ്ഞാസ അനിയമപ്രദതി സ്വയം തന്നെ പറഞ്ഞിരിക്കുന്നു നിയമം എന്താന്ന് ഗാർഹസ്ഥ്യം കഴിഞ്ഞേ ബ്രഹ്മജിജ്ഞാസ പാടുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗാർഹ്യത്തിൽ നിത്യനൈമിത്യമാക്ക കർമ്മങ്ങൾ ചെയ്ത് ചിത്തശുദ്ധിയുണ്ടാവും അങ്ങനെ ചിത്തശുദ്ധിയുണ്ടായതിനു ശേഷം ചിത്തശുദ്ധി ഉണ്ടാവണമെങ്കിൽ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യാൻ അധികാരം ഇവിടെ ഗൃഹസ്ഥാശ്രമത്തിലാണ് നിത്യ നൈമിത്യ കർമ്മങ്ങൾ ചെയ്യാൻ അധികാരമുള്ളത് ബ്രഹ്മചൂര്യ കാലത്തിൽ കർമ്മം ചെയ്യുന്നില്ല പിന്നെ ചിത്തശുദ്ധി ഉണ്ടാവും കർമ്മം ചെയ്യാൻ അധികാരമില്ല നിത്യ നൈമിത്യ കർമ്മങ്ങൾ ചെയ്യാൻ ഇപ്പോഴാണ് അധികാരം വരുന്നത് നിത്യ അഗ്നിഹോത്രം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഭാര്യയുടെ സഹായം വേണം തീ കൂട്ടാനും തീ കെടാതെ സൂക്ഷിക്കാനും ഒക്കെ ഭാര്യ വേണം ഇപ്പം വിവാഹം കഴിച്ചതിന് ശേഷം അത് ചെയ്യാൻ പറ്റൂ നൈമിത്യകർമ്മങ്ങൾ പുത്രൻ നിമിത്തമായി പുത്രജനനം പുത്രൻ ജനിക്കുന്ന നിമിത്തമായി ഒരു കർമ്മം ചെയ്യുന്ന ഗൃഹസാശ്രമത്തിൽ പറ്റും പഴയ കാലത്ത് വീട്ടിൻ്റെ അകത്ത് ഭൂമിയൊക്കെ കൂട്ടിയിട്ട് എപ്പോഴും ഇന്നത്തെ പോലെ തീ പട്ടിയില്ലല്ലോ ഗ്യാസ് ഇല്ല എല്ലാ ദിവസവും ഹോമം ചെയ്യണം അപ്പം തീ വേണ്ടേ തീ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാ എങ്ങനെയുണ്ടാക്കും തീ അരണികടഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്നത് വല്യ അധ്വാനം നല്ല ആരോഗ്യമുള്ളവർക്കെ പറ്റും അപ്പം അവരൊരു വിദ്യ കണ്ടുപിടിച്ചെന്താണ് തീ കെടാതെ സൂക്ഷിക്കുക വീട്ടിൽ വീട്ടിന്റെ അകത്ത് തന്നെ ഒരു കുഴിയെടുത്ത് അതിനാ തുമ്മിയൊക്കെ ഇട്ട് എന്നും തീ കടാകെ സൂക്ഷിക്കും പിന്നെ അതിൽ നിന്ന് തീയെടുത്തിട്ട് എന്തു ചെയ്യും എല്ലാ അന്നത്തെ കാലത്ത് വീട്ടിലെ തീ പിടിക്കാൻ സാധാരണ കാറ്റടിച്ചാൽ ഈ മുയിലെ തീയൊക്കെ പറന്ന് വീട്ടിൽ വീണ് തീ പിടിക്കും അപ്പോൾ വീട്ടിലെ തീ പിടിച്ച അത് നിമിത്തമായൊരു നൈമിത്യകർമ്മ ആ ദോഷം പരിഹരിക്കുക എന്തോ ദോഷം കൊണ്ടാണ് വീട്ടിൽ തീപിടിച്ചത് പിന്നെയാണ് നൈമിത്യകം എന്ന് പറയുന്നത് പുത്രം ജനിച്ച ഒരു സന്തോഷമുണ്ടല്ലോ നിമിത്തമായൊരു കർമ്മം വീട്ടിൽ തീപിടിച്ച ദോഷമുണ്ടല്ലോ അതിനൊരു കർമ്മം ഇങ്ങനെയുള്ള നൈമിത്യ കർമ്മങ്ങൾ നിത്യം ചെയ്യേണ്ട അഗ്നിഭോക് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് എന്തുവേണം ചിത്തശുദ്ധിയുണ്ടാവണം അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചാല് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ അല്ലാതെ ചിത്തശുദ്ധി ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് സന്യാസം പാടുള്ളൂ അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് ചിത്തശുദ്ധി ഉണ്ടാകുമ്പോഴേ ഒരാൾക്ക് എന്തുണ്ടാകത്തുള്ളൂ വൈരാഗ്യം വൈരാഗ്യം ഉണ്ടാകുമ്പോഴാണ് അയാള് ശ്രവണമനനീത്യാസനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന പ്രാണികളെ സന്യസിക്കുന്ന കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിമിത്തം കൊണ്ടുവരുന്ന കർമ്മങ്ങൾ നിമിത്തം കൊണ്ട് നിമിത്തത്തെ മുൻനിർത്തി ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ് വീട് തീപിടിച്ചാൽ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ പോലെ പുതിയ വീട് വയ്ക്കുന്നു അവർ നടത്തും നൈമിത്കമാണ് വേണമെങ്കിൽ പറയാം ഒരുദാഹരണം ഞാൻ പറഞ്ഞു വേദത്തിലൊന്നും പറഞ്ഞിട്ടുള്ള ഞാൻ പറയണ ഉദാഹരണം ഈ കർമ്മങ്ങൾ ചെയ്ത് അത് നിഷ്കാമമായി ചെയ്യണം ഈശ്വരാർപ്പണമായി ചെയ്യണം ഫലത്തെ ആഗ്രഹിക്കാതെയൊക്കെ ചെയ്തിച്ച് ചെയ്യുമ്പോൾ അവർക്ക് എന്തോരുന്നു ചിത്തശുദ്ധിയുണ്ടാവും ഗ്രഹസ്ഥനും ചിത്തശുദ്ധിയുണ്ടാവും ചിത്രശ ഉണ്ടായാലും ഞാൻ ചെയ്യുന്നു അയാൾക്ക് വൈരാഗ്യം ഉണ്ടാകും അപ്പോ അയാൾ എങ്ങോട്ട് ശ്രദ്ധിക്കുന്നു ഈ ശ്രവണമെല്ലാം ശ്രദ്ധിക്കും ഗുരുവിനെ അടുത്ത് പോകും ഗുരുവിന്റെ അടുത്ത് പോകണം ശ്രോത്രയും ബ്രഹ്മനിഷ്ഠം മുണ്ടകത്തി പറയും മുണ്ടകത്ത് പഠിച്ചിട്ടുണ്ട് അതിനകത്ത് പറയും അങ്ങനെ ഒരു ഗുരുവിനെ സമീപിച്ചു ഗുരുവിൽ ഉപദേശങ്ങളു അപ്പൊ സന്യാസവും കാര്യം ഉപേക്ഷിച്ചിട്ട് പോകും മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകും ഇതാണ് അപ്പൊ അത് പിന്നെ ചിത്തശുദ്ധി ഗൃഹസ്ഥാശ്രമത്തിൽ ഉണ്ടാവും കർമ്മം ചെയ്യാതെങ്ങനെ ഉണ്ടാവും അപ്പൊ പിന്നെ ബ്രഹ്മചാരി എങ്ങനെ തന്യസിക്കും പോയിരിക്കണം പോയേ പറ്റും പൂർവക്ഷികളും അല്ലാതെ ചിത്തശുദ്ധി ഉണ്ടാവത്തില്ല അങ്ങനടുത്ത് പറയാൻ പോകുന്നു സിദ്ധാന്ത പക്ഷി പറയുന്നത് എന്താണോ ശ്രുതിയ തയ്യവ അനിയമ പ്രദർശന ശ്രുതി എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു നിയമം പറയുന്നില്ല അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനസ്സിലാകണം ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനനുസരിച്ച് ശ്രദ്ധിക്കുന്നു ശ്രുതിയാണ് അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം വരുന്നു വേദത്തിൽ എന്ത് പറഞ്ഞു അതനുസരിച്ചാണ് വേദമാണെന്ത് പ്രമാണം വേദപ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് അല്ല ഇന്നീ അദ്വൈതം പറയുന്ന പോലെയല്ല ഇന്ന് നമ്മൾ അദ്വൈതത്തെ ആൾക്കാരെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അദ്വൈതമെന്ന് പറയുന്ന ദർശനത്തെ നമ്മള് യുക്തിപരമായി ആൾക്കാരെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ വിശദീകരിക്കും അതായത് പഞ്ചകോശ വിവേകം പിന്നെ അവസ്ഥാത്രേയ നിരൂപണം ഇങ്ങനെയൊക്കെയുള്ള യുക്തികൾ ഉപയോഗിച്ച് വിശദീകരിക്കും ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പിന്നെ ചിലർ കുറച്ചുകൂടെ കിടന്നിട്ട് സ്വന്തം അനുഭവം എന്നുള്ളതിനൊക്കെ വിശദീകരിച്ചു കൊടുക്കും എനിക്കറിയാം ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണെന്ന് പറഞ്ഞു അനുഭവത്തെ മുൻനിർത്തി വിശദീകരിക്കും പിന്നെ മറ്റ് ചിലരെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഇന്നത്തെ സയൻസ് സയൻസിനെ മുൻനിർത്തിയിട്ട് ഇന്നത്തെ ആധുനികമായ സയൻസ് പറയുന്ന അദ്വൈതമാണ് എന്ന് പറഞ്ഞ് സയൻസിനെ മുൻനിർത്തി വിശദീകരിക്കും ഇങ്ങനെയൊക്കെയാണെന്ന് വിശദീകരിക്കും പക്ഷെ അദ്വൈതത്തിന്റെ പാരമ്പര്യമായ നിലപാടെന്നു പറയും ശങ്കരാചാര്യ തുടങ്ങിയുള്ള ആചാര്യ പരമ്പര മുഴുവൻ അദ്വൈതത്തെ വിശദീകരിക്കുന്നത് ഏറ്റവും പ്രധാനമായെന്ന് പറയും മറ്റുള്ളവർക്ക് സ്വീകരിക്കുമെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് എന്താണോ ശ്രുതി പറയുന്ന ശ്രുതിയാണ് പ്രമാണം പ്രണന്ന് പറഞ്ഞാൽ എന്താണ് പ്രമേയം യഥാർത്ഥമായ അറിവുണ്ടാക്കുന്നത് ശ്രുതിയാണ് പ്രമാ യഥാർത്ഥമായ അറിവ് അതുണ്ടാക്കുന്നതാണ് ഇത് പ്രമാണം അപ്പൊ ശ്രുതിയാണ് പ്രമാണം അതാണ് പഴയ നിലപാട് അതുകൊണ്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കണം അതോ ഇനി ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് സന്യസിക്കണം അതോ ഇനി സന്യാസം വേണ്ടേ െല്ലാം തീരുമാനിക്കുന്ന എവിടെ നോക്കിട്ട് ശ്രുതി എന്ത് പറഞ്ഞു നോക്കിട്ടാണ് അതൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ യുക്തിക്കൊക്കെ രണ്ടാമത്തെ സ്ഥാനമാണ് ഒന്നാം സ്ഥാനും എന്തുകൊണ്ടാണ് ശ്രുതിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ദൈവം പറഞ്ഞു ആന എന്താ ദൈവം പറഞ്ഞേ ദൈവം നേരിട്ട് പറഞ്ഞേ ഖുർആനും ബൈബിളും ഭേദമല്ല എന്താണ് ദൈവം പറഞ്ഞ അതുകൊണ്ടാണ് അതിന് വിശ്വസിക്കുന്നവര് അതിന് കുറച്ച് വിശ്വസിക്കാധ്യതയാണെന്ത് ദൈവം പറഞ്ഞത് വിശ്വസിക്ക പക്ഷെ ഇവിടെ ശ്രുതി എന്ത് പറഞ്ഞിരിക്കുന്നു അനിയമം എന്താണ് ശ്രുതി എല്ലാം പറഞ്ഞിരിക്കുന്നു നമുക്ക് ബ്രഹ്മചര്യത്തിൽ നിന്നും തന്നെ സന്യസിക്കാം ഗ്രഹാത് ഗ്രഹാശ്രമത്തിൽ നിന്നും ആകാം അല്ലെങ്കിൽ വനാത് വനാശ്രമത്തിൽ നിന്നും സന്യസിക്കാം മൂന്നിനും അനുവദിച്ചിരിക്കുന്നു അപ്പൊ ബ്രഹ്മചര്യത്തെ സഞ്ചിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു കാര്യൊന്നും ഇല്ല ശ്രുതി അംഗീകരിക്കും ശ്രുതി പറഞ്ഞു പറഞ്ഞാൽ തീർന്നു അപ്പൊ ഒരു ചോദ്യം വരും ഗ്രഹസ്ഥാശത്തെ കർമ്മം ചെയ്യാൻ പറ്റൂ ബ്രഹ്മചാരിക്ക് ആ കർമ്മങ്ങളൊന്നും ചെയ്യാൻ അധികാരമില്ല അപ്പൊ ബ്രഹ്മചാരിക്ക് എങ്ങനെ ചിത്തശുദ്ധിയുണ്ടാവും കർമ്മം ചെയ്യാതെ നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യാൻ അവകാശമുണ്ട് അപ്പൊ ഇന്ന് ഇന്നത്തെ ബ്രഹ്മചാരിയുടെ കാര്യങ്ങൾ പറയുന്നത് നിങ്ങള് എന്താണ് സമാധി തുടയ്ക്കുന്നുണ്ട് കൂട്ടുകാരി വിളമ്പുന്നുണ്ട് അതുകൊണ്ട് ബ്രഹ്മചാരികള് കർമ്മം ചെയ്യുമ്പോൾ ഇതൊന്നും അല്ല കർമ്മം നിത്യ നൈമിത്യ കർമ്മങ്ങൾ അത് ചെയ്യാൻ അവകാശമുണ്ട് അധികാരമില്ല അപ്പൊ പിന്നെ ബ്രഹ്മചാരികളെന്യസിക്കും അപ്പോ ശ്രുതി ആണ് ഏറ്റവും മുഖ്യമായ പ്രമാണം അതെന്ന് ബോധം ഉണ്ടാകും അപ്പൊ ശ്രുതിയിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവിടെയാണ് അല്ലെങ്കിൽ ശ്രുതിയിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ തെളിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് എന്തിന്റെ ആവശ്യം യുക് യുക്തി വിചാരം അപ്പോ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്താണ് ബ്രഹ്മചര്യാവ എന്ന് പറഞ്ഞു ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ എന്നാ പറഞ്ഞത് ഉറപ്പിച്ചു പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഗൃഹാത്വ അത് ഗൃഹസാസനം ഇതങ്ങനെ ശരിയാവും ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചാലേ കർമ്മം ചെയ്യാൻ പറ്റും കർമ്മം ചെയ്യാൻ ചിത്തശുദ്ധിയുണ്ടാവും ബ്രഹ്മചാരിക്ക് ആ കർമ്മങ്ങളുടെ അവകാശം അധികാരമില്ല ബ്രഹ്മചാരി സഞ്ചസിക്കും ബ്രഹ്മചാരിക്ക് എങ്ങനെ വൈരാഗ്യം ഉണ്ടാവും അതിന് സമാനം പറയണ്ടേ അതിന് യുക്തി പറയണ്ട എന്താ യുക്തി എന്താണ് യുക്തി നമ്മളെ ബ്രഹ്മചര്യം കഴിഞ്ഞ് സഞ്ചരിച്ചവരല്ലേ ഒരു യുക്തി ഇല്ലാതെയാണ് ചെയ്തത് കഷ്ടമായി പൂർവ ജന്മം അവിടെയാണ് പൂർവ്വജന്മം കൊണ്ടുവരുന്നത് പൂർവ്വജന്മത്തെ അംഗീകരിക്കാതെ ഇത്തരം കാര്യങ്ങൾക്ക് അദ്വൈതത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് സമാധാനം പറയാൻ പറ്റില്ല മറ്റു പല കാര്യങ്ങളും ഒക്കെ പക്ഷെ അദ്വൈതത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് സമാധാനം പറയണെങ്കിൽ എന്തുവേണം പൂർവ്വജന്മം കൊണ്ടുവ പറഞ്ഞത് പുകജന്മത്തിനീകരിച്ചേ പറ്റും പൂജന്മത്തെ അംഗീകരിച്ചില്ലെങ്കിൽ അദ്ദേഹം പോയി ഏറ്റവും അല്ലെങ്കിൽ ബ്രഹ്മചരിക്കും സന്യസിക്കാൻ പറ്റത്തില്ല ബ്രഹ്മചര്യ ദൈവപ്രഭൃതി അപ്പൊ അദ്വൈതികൾക്ക് പൂർവ്വജന്മം സ്വീകരിച്ചേയും മതിയാവും അല്ലാതെ അദ്വൈതം ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും സമാനം പറയാൻ പറ്റില്ല ശരി ഇനി പൂർവ്വം എങ്ങനെ സമർപ്പിക്കും ശ്രുതി ശ്രുതി പറഞ്ഞിട്ടുണ്ട് ശ്രുതി ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോകുന്നു പോയിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു വരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രുതി വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പോ പ്രമാണ ശ്രുതി തന്നെയാണ് പിന്നെ ശങ്കരാചാര്യ യുക്തിയും പറയും ശങ്കരാചാര്യ യുക്തി പറയുന്നത് എന്താണ് ഒരു കൊരങ്ങൻ ജനിച്ചുകഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ അമ്മയുടെ വയറ്റിൽ മുറുക പിടിക്കുന്നു അത് ചാടുമ്പോഴും ഓടുമ്പോഴും മറിഞ്ഞു പോവാതിരിക്കാൻ മുറുകെ പിടിക്കുന്നു പേടിച്ചിട്ടാണ് ജനിച്ച ഉടനെ തന്നെ പേടിയൊരു നോന്നു കാരണം പിടി വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ചാവൂ എന്നുള്ള പേടിയല്ലേ അപ്പൊ ശങ്കരാടെ യുക്തി അവിടെ പ്രവർത്തിക്കുന്നത് ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഗുരുതൻ കുരങ്ങന് അമ്മയുടെ നെഞ്ചത്ത് കയറി മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ വീഴാതിരിക്കാനാണ് അപ്പം അതിനെന്തറിയാം വീണ് കഴിഞ്ഞാൽ മരിച്ചു അപ്പം മരിക്കാതിരിക്കാൻ വേണ്ടി ഗ്രഹക്കുന്നു അപ്പം മരിക്കും എന്നുള്ള ആ ഭയമുള്ളത് കൊണ്ടാണ് അത് പിടിക്കുന്നത് അപ്പം ഈ കുരങ്ങനും മരണ ഭയം എവിടുന്നു വന്നു ഉള്ളൂ ആരും മരിക്കുന്നതുവരെ കണ്ടില്ല അപ്പ എവിടുന്നാ പൂർവ്വജന്മത്തി പൂർവജന്മത്തി മരിച്ചു ഇപ്പൊ ജനിച്ചു യോഗസൂത്രത്തിൽ എന്താ ഉപത്തിന്റെ ഭാഷ ശങ്കരായര് പറയും ജനിക്കുമ്പോൾ തന്നെ ഭയം ഉണ്ടെന്ന് പറയും ശങ്കരാചൃത ഭാഷത്തിൽ പറയുന്നതാണ് അപ്പൊ പൂർവ്വജന്മത്തിന് തെളിവുണ്ട് യുക്തിയുമുണ്ട് മനസ്സിലായി ശ്രുതിയുണ്ട് യുക്തിയുണ്ട് അപ്പൊ പൂർവ്വജന്മത്തെ അംഗീകരിച്ച പറ്റും അതുകൊണ്ട് അദ്വൈതികളും പറഞ്ഞു പക്ഷെ അദ്വൈതിക്ക് സിദ്ധാന്തം കൊണ്ട് എന്താണ് ജനിക്കുന്നു മരിക്കുന്നുല്ല സിദ്ധാന്തം ഉണ്ട് അജായതയും മെറിയതയും അപ്പൊ രണ്ടും കൂടെ എങ്ങനെ ശെരിയാവും എങ്ങനെ രണ്ടാവും ശരായും പാരാര്ത്ഥികമായ തത്വം ബ്രഹ്മം ആ ബ്രഹ്മം ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല പക്ഷെ വ്യവഹാരികത എന്ന് പറയുന്ന ഒന്നുണ്ട് നമ്മളീ ജീവിക്കുക കാണുക കേൾക്കുക അനുഭവിക്കുക അതിനാണ് വ്യാവഹാരിക എന്ന് പറയുന്നത് അപ്പോ ബ്രഹ്മത്തിൽ ഈ വ്യവഹാരികത്വം ഉണ്ടായി ബ്രഹ്മത്തിൽ മായ കൊണ്ട് ഈ വ്യാവഹാരികത്വം ഉണ്ടായി ഈ വ്യാവഹാരികതയിൽ നിന്നെ കൂടെ അംഗീകരിക്കണം ജനനവും മരണവും പുനർജന്മവും എല്ലാം അതില്ലെന്ന് പറയുന്നത് ശുദ്ധ ബ്രഹ്മത്തിനാണ് ഇവിടെ അതെല്ലാം എന്താണ് പറയുന്നത് ൗദ്ധന്മാരെന്ന് കിട്ടിയാണ് ബൗദ്ധന്മാർ രണ്ടായിട്ട് സ്വീകരിച്ചു പരമാർത്ഥികമായ ഒരു നിലപാടും വ്യാവഹാരികമായ നിലപാട് അത് തന്നെ ശങ്കരായു സ്വീകരിച്ചു ഏതാവതാ ഹി വൈരാഗ്യോപലക്ഷേ ഇതുകൊണ്ട് എന്താണ് പ്രഭ്രജ സന്യാസം എന്ന് പറഞ്ഞത് കൊണ്ട് എന്തിനാണ് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് വൈരാഗ്യത്തെയാണ് പ്രവ്രജേതെന്ന് പറഞ്ഞുകൊണ്ട് സന്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട വൈരാഗ്യത്തെയാണ് വിരക്തനാകുന്നു അതായത് അന്നത്തെ ഒരു പഴയ ഒരു സങ്കല്പം ഈ വൈദികന്മാർ പറയുന്നത് അവർ ഈ ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിന് കർമ്മത്തിന് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യാനാണ് ഭാര്യ കൂടെ വേണം ണം അവിടെ കുറെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട് പ്രധാനമായും യാഗം അതിനോട് അനുബന്ധിച്ച് വരുന്നു ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കും ദാമ്പത്യമൊക്കെ ഈ ധർമ്മത്തിന്റെ ഭാഗമാണ് അപ്പൊ പുത്രന്മാരുണ്ടാവണം പുത്രൻ ഉണ്ടായിട്ട് കാര്യൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പുത്തിരി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പുത്രം വേണം അങ്ങനെ എല്ലാം നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വളരെ ജീവിതസങ്കല്പത്തിലാണ് ഇത് കഴുകി വെച്ചിട്ട് വെച്ച് പ്രാചീനമാണ് പ്രാകൃതം എന്തുകൊണ്ട് പറയുന്നു പ്രാകൃതം എന്ന് വെച്ചാൽ ഒരാള് ജനിച്ചുകഴിഞ്ഞാൽ പിന്നെ അവന്റെ ജോലി എന്ന് പറയുന്ന എന്താണ് വേദാധ്യനം ശരി ഓക്കെ നമുക്കിന്നും വിദ്യാഭ്യാസം ഉണ്ടല്ലോ വേദാധ്യനം ചെയ്തു വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിത്യനൈമിത്തികമായ വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് ഗൃഹസ്ഥാശനധർമ്മം അവിടെ പുത്രനും ഉണ്ടാവും ീ കർമ്മങ്ങളൊക്കെ എന്തിനുവേണ്ടിട്ടാണ് ചെയ്യുന്നത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഇതിൽ നിന്ന് അപൂർവം ഉണ്ടാവും ഇതിൽ നിന്ന് പല ഫലവും ഉണ്ടാവും സ്വർഗം പോലുള്ള കാര്യങ്ങളുണ്ടാവും എന്ന് സ്വയം തന്നെ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടും സ്വയം കർമ്മ ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ടി ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നുവെച്ചാൽ ഇത് സ്വയം ചെയ്യുക പിന്നെ പൗരോഹിത്യമായിട്ട് ഇത് ചെയ്യുക അതുകൊണ്ടാണ് പൗരോഹിത്യം ഇത് പ്രാകൃതം എന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ അങ്ങനെ വിശ്വസിപ്പിച്ചത് ചോദിച്ചാൽ അത് പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് ഇരിക്കുമ്പോ അവന് ചിത്തശക്തി ശുദ്ധിയുണ്ടായിക്കഴിഞ്ഞാൽ അവൻ സന്യസിക്കുന്നു എല്ലാം ഉപേക്ഷിച്ച് വീട്ടെല്ലാം ഉപേക്ഷിച്ച് പോകുന്നു പിന്നെ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നു അലഞ്ഞിരിഞ്ഞ് മോക്ഷത്തിന് വേണ്ടി അതൊക്കെ പിന്നെ മോക്ഷത്തിനു വേണ്ടിയാണ് പിന്നെ അതും ഒരു പ്രാവൃത്യ ജീവിതമാണ് അങ്ങനെ ജീവിക്കുക ടുത്തൊക്കെ ജീവിക്കുക എന്നുള്ള ഇപ്പൊ മൊത്തത്തിലൊരു പ്രാകൃത്യ സമ്പ്രദായം ഇന്നത്തെ പോലെ അല്ല ഇന്ന് സന്യാസിന്ന് പറഞ്ഞാ ഇങ്ങനെ ജീവിക്കുന്നു ഡീസെന്റായിട്ട് പൈസ ഒക്കെ കൈകാര്യം ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ നല്ല കാറിലൊക്കെ കയറി ആപ്പിളിന്റെ മൊബൈലൊക്കെ ഉപയോഗിച്ച് സൂപ്പറായി ജീവിക്കുന്നു പണ്ട് പ്രാകൃതമായിരുന്നു ഇന്ന് പ്രാകൃതമല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രാകൃതം എന്ന് പറഞ്ഞു അന്ന് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സംഭവമാണ് അന്ന് ഇതൊന്നുമില്ലല്ലോ ഈ സൗകര്യങ്ങളൊന്നും അപ്പൊ സന്യാസമെന്ന് പറഞ്ഞാൽ വൈരാഗ്യ ഉപലക്ഷയി വൈരാഗ്യത്തെ ബോധിപ്പിക്കുന്നു അപ്പൊ വൈരാഗ്യം ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും സന്യസിക്കും ഇപ്പൊ ബ്രഹ്മശേഖരിക്കും പൂർവജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ട് ചിത്തശുദ്ധിയുണ്ടായി ഉള്ളത് കൊണ്ട് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കും അതേവാ അതുകൊണ്ടല്ലേ അഹരേവ വിരചയത് തദ്രേവ പ്രഭൃതി ശ്രുതി പറയുന്നു യഥരേവ വിരചയത് ഏത് സമയത്താണ് അകരെന്നുവച്ച പകരുന്നാണവിടെ ഏത് സമയമാണോ വിരചയൻ വിരക്തി ഉണ്ടാകുന്നത് തത് അഹരവ ആ വിരക്തി ഉണ്ടാകുന്ന സമയം തന്നെ പ്രപ്രചയ ആ അവസരം വിരക്തി ഉണ്ടാകുന്ന അവസരം എന്ന് പറയുന്നത് ബ്രഹ്മചര്യാവാം കർഹസ്യമാവാം മാനപ്രസ്ഥമാവാം പ്രശ്നത്തിന് പരിഹാരമായി മനസ്സിലായാണ് പറയുന്നത് പിന്നെ ശങ്കരായാലും പറഞ്ഞു എന്താണ് കുട്ടിക്കാലത്തെ വേദാധ്യയനം ചെയ്യുക അത് കഴിഞ്ഞു ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക വാനപ്രസ്ഥം പിന്നെ സന്യാസം അപ്പൊ അതിന് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസമായാലും അല്ലാത്ത സന്യാസോ ഏതായാലും അത് ബ്രാഹ്മണാനാമേവ യുദ്ധ ബ്രാഹ്മണന് മാത്രമേ അത്തരത്തിലുള്ള ത്യാഗത്തിന് അധികാരമുള്ളൂ ഇത് ശങ്കരായുള്ള ശങ്കരായർ അന്ന് പറഞ്ഞതിലൊരു യുക്തിയുണ്ട് എന്താ യുക്തി എന്താണ് ക്ഷത്രിയെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ചെയ്യാനാണല്ലോ ബ്രാഹ്മണനായ സംരക്ഷിക്കും രാജ്യാർ ഭരിക്കും അർജുനോട് ഭഗവാൻ ഗീതയിൽ പറയുന്നത് തസ്മാ ൊരു കർമ്മയവ തസ്മാത്വം നീ കർമ്മം തന്നെ ചെയ്യണം ചെയ്യാൻ സ്വധർമ്മവും വേണം പലധർമ്മ സ്വനിഷ്ഠിത സ്വധർമ്മേ മരിച്ചാലും പോലെ തന്നെ അപ്പൊ അണിനോട് പറയുന്നത് യുദ്ധം പറയുന്നത് എന്താണ് കർമ്മം ചെയ്താൽ ചിത്രശുദ്ധിയുള്ള ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ അടുത്ത് കർമ്മം ചെയ്യുന്നത് ചിത്തശുദ്ധിയുണ്ടായി അപ്പൊ ചിത്തശുദ്ധി ഉണ്ടായാൽ വൈരാഗ്യം വരില്ല ചിത്തശുദ്ധി ചിത്തശുദ്ധി ഒന്നാ എന്തോ വൈരാഗ്യം വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ സന്യസി ബ്രാഹ്മണന് മാത്രേ അധികാരികളുന്ന് അങ്ങനെ പറയാം ക്ഷത്രിയനായ അർജുനനും കർമ്മയോഗം ചെയ്യുന്നെങ്കിൽ ചിത്തശുദ്ധി വരണമല്ലോ ചിത്തശുദ്ധി വന്നാൽ വൈരാഗ്യം വരണമല്ലോ അപ്പൊ സന്യസിക്കണമല്ലോ അപ്പൊ ബ്രാഹ്മണനെ സന്യസിക്കാവൂന്ന് പറയുന്ന എന്താ അർത്ഥം അതാണ് ശങ്കരാ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു ശങ്കരാരി പറഞ്ഞു ശരിയല്ല ചിത്തശുദ്ധി ആർക്ക് തന്നാലും സന്യാസിക്കുക സംഭവിച്ചേ പറ്റും ചിത്തശുദ്ധി എന്നാ വൈരാഗ്യം വരും വൈരാഗ്യം വരുമ്പോൾ ജാതി നോക്കേണ്ടതായി തോന്നുന്നു ആർക്ക് വൈരാഗ്യം വരുന്നവരെ സന്യാസിക്കും പിന്നെ ജാതി യോജിപ്പിക്കാൻ പറ്റും എന്താണ് ആനന്ദഗിരിയും സുരേഷ് രാജാരി പറയുന്നു സങ്കര ഉപയോഗിച്ചു സങ്കരത്തി ബ്രഹ്മചര്യാതയോ സന്യസേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ബ്രഹ്മചര്യത്തിൽ സന്യസിക്കാൻ പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം എന്താണോ ബ്രഹ്മചര്യത്തിൽ കർമ്മം ചെയ്യാതെ ശുദ്ധിയുണ്ടായി അപ്പോ ബ്രഹ്മചര്യത്തിലൊക്കെ എവിടെ നിന്ന് ശുദ്ധി വന്നു പൂർവ്വ ജന്മത്തിൽ അപ്പൊ ക്ഷത്രിയൻ എന്ത് ചെയ്യുന്നു ഈ ജന്മത്തിൽ കർമ്മയോഗം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ക്ഷത്രിയു ചിത്രശുദ്ധി ഈ ജന്മത്തെ സന്യസിക്കണ്ട അടുത്ത ജന്മത്തില് അയാള് ബ്രഹ്മചര്യത്തിൽ തന്നെ സന്യസിച്ചു അപ്പൊ അടുത്ത ജന്മത്തിൽ ബ്രഹ്മചര്യത്തിൽ സന്യസിക്കയാൾ ആരായി ജനിക്കണം അപ്പൊ ശങ്കരാചാര്യ ശരിയായി മനസിലായ ജന്മത്തിൽ ക്ഷത്രി അർജുനും കർമ്മയോഗം ചെയ്യുന്നു ചിത്തശുദ്ധിയുണ്ടായി സന്യസിക്കുന്നു എന്തോ അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം വിഗ്നങ്ങളുണ്ട് സന്യസിക്കുന്നു അടുത്ത ജന്മം വരുമ്പോഴത്തേക്ക് അതെല്ലാം മാറി ബ്രഹ്മചരിച്ചു എന്തുവന്നാലും ഈ ജന്മത്തിൽ സന്യാസം പാടില്ല അധികാരം എങ്ങനെ നിശ്ചയിക്കും ശങ്കരാചാര്യ പറയുന്നു വിധാനെ ബ്രാഹ്മണനാമയോ അധികാരം സന്യാസത്തിന് ബ്രാഹ്മണനെ അധികാരമുള്ളൂ എന്നാണ് അപ്പോ അധികാരം എങ്ങനെ ശങ്കരാചാര്ക്ക് പറയാൻ പറ്റും അർജുനൻ കർമ്മയോഗം ചെയ്യുന്നു ചിത്തശുദ്ധിയുണ്ടായി ചിത്തശുദ്ധിയുണ്ടായ വരാഗ്യമെന്നാൽ സന്യാസം തനിയെ സംഭവിച്ചല്ലേ പറ്റും എന്നാ അങ്ങനെ വെക്കാൻ പറ്റും ഇപ്പൊ ശങ്കരാക്ക് ഇങ്ങനെ പറയാൻ പറ്റി എന്തോ ചില തടസ്സങ്ങളുണ്ടായിരുന്നു ചിത്രശുദ്ധിയൊക്കെ വന്നെങ്കിലും എന്തോ ചില തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ ജന്മത്തിൽ സന്യസിക്കാൻ പറ്റിയില്ല ഗൃഹസ്ഥാശ്രമത്തിൽ അന്യസിക്കേണ്ട പറ്റിയില്ല അടുത്ത ജന്മത്തിൽ എന്തു ചെയ്യും സന്യസിക്കും അപ്പോ ചിത്തശുദ്ധി വന്ന ഒരാള് ഒരു ക്ഷത്രിയും തന്നെ ചിത്തശുദ്ധി വന്ന് വിരക്തി വന്നു സന്യസിക്കുന്നു അപ്പോ ചിത്തശുദ്ധി വന്ന് വിരക്തി വന്ന് സന്യസിച്ചില്ലെങ്കിൽ ഇനി ബ്രാഹ്മണൻ ഗ്രഹസാശം ചെയ്യുന്നു ചിത്തശുദ്ധി വന്നു വിരക്തി വന്നു അയാൾ സന്യസിക്കാതിരുന്നെന്തി അയാൾക്ക് ഈ പ്രശ്നമനാകുന്നു ക്ഷത്രി കർമ്മം ചെയ്തു ചിത്തശുദ്ധി ഒന്നും വൈരാഗ്യം ഒന്നും സന്യസിക്കുന്നില്ല ബ്രാഹ്മണനും ഇത് സംഭവിക്കാം എന്താണ് അയാളും ഗൃഹസ്ഥാശ്രം കർമ്മം ചെയ്യുന്നു അയാക്കെ പറ്റി കർമ്മം ചിത്തശുദ്ധി വന്നു വൈരാഗ്യം ഒന്ന് സന്യാസം ഉറപ്പെന്ന് പറയാൻ പറ്റില്ലല്ലോ ക്ഷത്രിയെന്ന് പറ്റിയില്ലെങ്കിൽ ബ്രാഹ്മണീന്നും പറ്റത്തില്ല ക്ഷത്രിയന് തടസ്സമുണ്ടെങ്കിൽ ബ്രാഹ്മണന് തടസ്സമുണ്ടാവും അപ്പൊ പിന്നെ ശങ്കരായ സമാനം പറയും മനസ്സിലായ ക്ഷത്രിയന് കർമ്മം ചെയ്യുന്നു ചിത്തശുദ്ധിയൊന്നും വൈരാഗ്യം ഒന്നും സന്യസിക്കാൻ പാടില്ല ബ്രാഹ്മണന് കർമ്മം ചെയ്തു ചിത്തശുദ്ധിയൊന്നു വൈരാഗ്യം വന്നു സന്യസിക്കണം അപ്പൊ ക്ഷത്രിയൻ എങ്ങനെയാണോ പാടില്ല എന്ന് പറയുന്നത് പോലെ ബ്രാഹ്മണനും സന്യസിക്കാതിരുന്ന എന്തു ചെയ്യും എന്തായാലും ചിത്രശുദ്ധി വന്ന് വൈരാഗ്യം വന്നിട്ടും ക്ഷത്രിയെ സന്യസിക്കുന്നില്ലല്ലോ പിന്നെ ബ്രാഹ്മണനും അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു അവിടെ എന്ത് ശങ്കരായ പറയും എന്ത് സമ്മാനം പറയും ശങ്കരായ പറയും അത് ജാതിയുടെ നിയമം അതനുസരിച്ച് അതായത് ബ്രാഹ്മണ ജാതിയുടെ നിയമമാണ് എന്ത് സന്യസിക്കാൻ പാടില്ല നിശ്ചിത്വ ശുദ്ധി വന്നാലും ശരി വൈരാഗ്യം വന്നാലും ശരി ആ ക്ഷത്രിയ ജാതിയുടെ നിയമം സന്യസിക്കാൻ പാടില്ല ജാതി നിയമമാണ് അത് പാലിക്കണം അസയം ബ്രാഹ്മണ ജാതിയുടെ നിയമമാണ് എന്താണോ ർമ്മം ചെയ്യുന്നു ചിത്തശുദ്ധി വരുന്നു വൈരാഗ്യം വരുന്നു സന്യസിക്കുന്നു ഏക്തി ജാതിയുടെ നിയമം പറയുന്നു അത് ജാതിയുടെ നിയമം എന്ന് പറഞ്ഞാൽ ആ നിയമം തന്നെ യുക്തി എന്താ കുഴപ്പം മോട്ടിച്ചാ പോലീസ് കുടിക്കുമെന്ന് പറയുന്നത് നിയമം ആ അതേ നിയമവും കൂടെ പറയും അത് മോക്ഷിച്ച പോലീസ് പിടിക്കുമെന്ന് പറയുന്നതിന് യുക്തിയൊന്നുമില്ല നിയമമാണെങ്കിൽ യുക്തിയുണ്ട് ഒരു യുക്തിയ പറയുന്ന അതുപോലെ ബ്രാഹ്മണന് എന്ത് ചെയ്യാം ചിത്തശുദ്ധി ഒന്നാൽ സന്യസിക്കാം ക്ഷത്രിയന് ചിത്തശുദ്ധി ഒന്നാല് സന്യസിക്കാൻ പാടില്ല അടുത്ത ഈ പറയുന്നതിന് എന്തുകൊണ്ടിത് ജാതിയുടെ നിയമം അപ്പൊ ഈ ജാതിയുടെ നിയമം ഇങ്ങനെ പറയുമ്പോ ശങ്കരാചാര്യ എന്താ പറയുന്നത് നമ്മൾ പ്രത്യേകം ഇവിടെ ശങ്കരാചാര്യ എന്താ പറയുന്നത് ജാതിയുടെ നിയമം പറഞ്ഞ് ക്ഷത്രിയിൽ സന്യസിക്കാൻ പാടുക എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യവിടെ എന്താ പറയുന്നത് അദ്വൈതത്തിൽ അങ്ങനെ സമർത്ഥിക്കും ഇതാണ് വ്യാവഹാരിക സത്യം മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുവേണം ഭർണ ആശ്രമ ധർമ്മങ്ങളെല്ലാം സ്വീകരിക്കുക അതിനനുസരിച്ച് ജീവിക്കുക അതാണ് വ്യാവഹാരികമായ സത്യം അപ്പൊ ജാതി നിയമങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യാവഹാരികമായ സത്യമാണ് ആ സത്യം പുലർത്തി ജീവിക്കുക ഇതാണ് സംഗ നിലപാട് മനസ്സിലായത് അപ്പൊ ജാതി എന്ന് പറയുന്നത് ഒരു വ്യാവഹാരിക സത്യമാണ് അതിന്റെ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം ബ്രാഹ്മണൻ അവന്റെ നിയമം പാലിക്കണം ക്ഷത്രിയൻ അവന്റെ നിയമം പാലിക്കണം പാരമാർത്ഥികമായ സത്യം ബ്രഹ്മം അതിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല വ്യവഹാരത്തിൽ വേറെ സത്യങ്ങളാണ് വ്യവഹാരത്തിലെ നിയമങ്ങളാണ് അപ്പൊ ഈ വ്യാവഹാരിക സത്യം ആര് പറഞ്ഞു ഇത് വ്യാവരിക സത്യമാണെന്ന് ദൈവം തന്നെ പറഞ്ഞു ഇതും ദൈവം പറഞ്ഞാണ് എന്തുകൊണ്ട് ഈ ചാതുർവണ്യത്തെ ആരാണ് ഉണ്ടാക്കിയത് ദൈവം ചാകർവണ്യത്തെ സൃഷ്ടിച്ച നാല് ജാതികളെ സൃഷ്ടിച്ച ദൈവമാണ് ദൈവം പറഞ്ഞ ആ സത്യം അത് ഇവിടെ അത് വ്യാവാരിക സത്യം പാലിക്കുക ഇതാണ് ശങ്കരം അപ്പൊ ശങ്കരൊക്കെ ബുദ്ധി അല്ലേ േ അതാണ് ഗുരു പറഞ്ഞ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ വ്യവഹാരിക സത്യത്തെ അംഗീകരിക്കുകയും ശ്രുതി അംഗീകരിക്കുകയും ഭഗവത്ഗീത അംഗീകരിക്കുകയും എല്ലാം ചെയ്തിട്ട് പിന്നെ ശങ്കരാചാര്യരുടെ ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല ഇതൊക്കെ അംഗീകരിച്ച നിങ്ങള് ശ്രുതിയെ അംഗീകരിക്കുകയാണ് സ്മൃതികളെ അംഗീകരിക്കുകയാണ് ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് അദ്വൈതം ചർച്ച ചെയ്യുമ്പോ ശങ്കരായ പറഞ്ഞതിനനുസരിച്ച് പോകാൻ പറ്റും എന്തുകൊണ്ട് ഇതൊക്കെ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് മനുഷ്യന് മാറ്റാൻ ഒപ്പത്തിൽ അല്ല ഇനി നിങ്ങൾക്ക് അദ്വൈതം പറയുമ്പോ ഇതൊന്നും സമ്മതം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം എന്തിനെ തള്ളികളയണം ശ്രുതിയെ തള്ളിക്കളയണം ദൈവത്തിൽ തള്ളിക്കളഞ്ഞിട്ട് കാര്യമൊന്നും ശ്രുതിയെ തള്ളികളയണം ശ്രുതി ഞാൻ സമ്മതം അല്ലെന്ന് പറഞ്ഞേ പറ്റും അങ്ങനെ ആണ് അദ്വൈതം ശങ്കര പ്രചരിപ്പിച്ചത് അങ്ങനെ അദ്വൈതം പ്രചരിപ്പിച്ചതുകൊണ്ട് അദ്വൈതത്തിനോ അദ്വൈതങ്ങൾക്കോ ഒരു ദോഷവും ഇല്ലായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ശങ്കരാതം പ്രചരിപ്പിച്ചു പറഞ്ഞാൽ അദ്വൈതകൾക്കോ അദ്വൈതത്തിനോ ഒരു ദോഷവും ഉണ്ടായില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അതായത് ശങ്കരാചാര്യർ ഇത് പറയുമ്പോ ഇത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് ബ്രാഹ്മണരാണ് അവർക്ക് ഈ പറയുന്നോണ്ട് ഒരു നഷ്ടമില്ല ശങ്കരാചാര്യ ഈ സിദ്ധാന്തം സിദ്ധാന്തം കൊണ്ട് ബ്രാഹ്മണർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇല്ല അതുകൊണ്ട് ഈ ശങ്കരാചാര്യർ പറയുന്നത് കൊണ്ട് ആർക്കും ഒരു പരാതിയില്ലായിരുന്നു കാരണം ഇതാകെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആരാണോ ബ്രാഹ്മണർ ആണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അവർക്ക് ഇതുകൊണ്ട് ഒരു നഷ്ടമുണ്ട് ബ്രാഹ്മണര് ബ്രാഹ്മണരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവര് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതുകൊണ്ടൊരു പ്രശ്നമുണ്ട് അവർക്ക് വേണ്ടി എഴുതിയാണ് പദ്വതെന്ന് പറയുന്ന ആർക്കു വേണ്ടി എഴുതി ബ്രാഹ്മണർക്ക് വേണ്ടി ആരെഴുതി ബ്രാഹ്മണൻ എഴുതി ബ്രാഹ്മണൻ ബ്രാഹ്മണർക്ക് വേണ്ടി എഴുതിയ ഒരു ശാസ്ത്രമാണ് അദ്വൈതം അതുകൊണ്ട് ബ്രാഹ്മണർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് അവർക്കൊക്കെ യാതൊരു പരാതി അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യം ഇനത്തില്ല ഉണ്ടാ കാലം മാറി ഇപ്പോ എന്ത് ചെയ്തു ശൂദ്രന്മാരൊക്കെ പഠിക്കാൻ തുടങ്ങിയത് ഇത് പ്രശ്നമായത് നല്ല ആവശ്യമുണ്ടോ നല്ല ആവശ്യമുണ്ടോ ശൂദ്രന്മാരത് പഠിക്കേണ്ട വല്ല കാര്യ ദിവ്യാൻ സ്വാമിയെടുത്ത് ചോദിച്ചു ഏതൊക്കെ ഇങ്ങനെ ശൂദന്മാരൊക്കെ പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയായ കാര്യമാണോ ക്ലാസ്സിൽ ചോദിച്ചു അത് എല്ലാവർക്കും പഠിക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് വെച്ചാൽ ചോദിച്ചാൽ അത് ഒരു തെറ്റായ കാര്യമല്ലേ അങ്ങനെയൊക്കെ പറയുന്നു വളരെ മൈൽഡായിട്ട് ഞാൻ സംസാരിക്കും പല ഒന്നുമില്ല അങ്ങനത്തെ വിനയത്തിൽ വളരെ ശബ്ദം താഴ്ത്തി പതുക്കെയാണ് ചോദിച്ചത് ചൂത്തരൂപം ചൂദ്യ രൂപം പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു വേദങ്ങൾ ആര് പറഞ്ഞു ബ്രാഹ്മണർ സ്മൃതികള് ശ്രമൃതികളൊക്കെ മറ്റു ഗ്രന്ഥങ്ങളൊക്കെ ആരെഴുതി ബ്രാഹ്മണർ പഠിപ്പിക്കുന്ന ആര് ബ്രാഹ്മണർ പഠിക്കുന്ന ആരുടെ വക ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി ആളുടെ വകയാണ് ഏഹ് വേറെ ആരുടെങ്കിലും വകയാണ് ഇതൊക്കെ ബ്രാഹ്മണരുടെ വകയാണ് എന്നോട് പറഞ്ഞു ബ്രാഹ്മണന്റെ വക ഇപ്പൊ ശൂദ്രന്മാർ പറയാണ് ഞങ്ങൾക്ക് വേണോ വേറെ ആരുടെ വക ഞങ്ങൾക്ക് വേണോ ചോദിക്കുന്നു ശൂദ്രന്മാർക്ക് എന്താ അവകാശം ഒരു അവകാശം ഇല്ലെന്നെങ്കിൽ ബ്രാഹ്മണനുണ്ട് ഇതാണ് ഇതേവാക്യം എന്ന് പറയുന്നത് ശൂദ്രന്മാർക്ക് ഗന്ധ അവകാശം ഇതാരുടെ വകയാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത അടുത്ത വീട്ടുകാരുടെ ഒരാനയുണ്ട് നിങ്ങൾക്കൊന്നുമില്ല നിങ്ങൾക്ക് പോയി അവിടെ പോയി ചോദിക്കാൻ പറ്റുമോ ആന എനിക്ക് വേണമെന്ന് പറ്റൂ ഞാൻ പറഞ്ഞു തരണം അടുത്ത വീട്ടുകാരന് ആനയുണ്ട് നിങ്ങൾക്ക് ആന ഇല്ല നിങ്ങൾ ആനകളെ പെട്ടി ഞാൻ പറയുന്നത് എനിക്ക് ആന വേണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കും അപ്പൊ ഈ ബ്രഹ്മവിദ്യ ഈ ശാസ്ത്രങ്ങൾ എന്നൊക്കെ പറയുന്ന ആരാ ബ്രാഹ്മണൻ എന്താ നിങ്ങള് കയറി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞെന്താ നിങ്ങൾക്ക് ചോദിക്കാൻ എന്താ അവകാശം എന്ന് ചോദിച്ചെന്നോളൂ ശൂത്ര ചോദിക്കാൻ എന്താ അവകാശം പിന്നെ അടുത്ത വീട്ടിൽ ആന ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നുമില്ല അപ്പൊ നിങ്ങളെയൊന്നു പറയണേ എനിക്കൊരു ആന രോമം ആന വാലിന്റെ രോമം വേണോന്ന് പറഞ്ഞാൽ അയാൾക്ക് ചിലപ്പം എന്താണ് കാരുണ്യം കൊണ്ട് ഒരു ആന വാലിന്റെ രോമം ഓർത്ത് നിങ്ങൾക്ക് തന്നിരുന്നാൽ അത് നിങ്ങളുടെ ഭാഗ്യവന്നല്ലേ പറയാൻ പറ്റുക അതിൽ ഉടമസ്ഥയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രുതി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞാൽ തരത്തില്ല പിന്നെ കുറച്ച് പുരാണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് അവരുടെ ധാരണം കൊണ്ടാണ് നിങ്ങൾക്കും കുറച്ചിരുന്നോട്ടേന്ന് വിചാരിച്ചു കുറച്ച് പുരാണം എഴുതി വെച്ചത് അത് നിങ്ങൾക്ക് വായിച്ചുപിടിച്ച പോലെ മറ്റുള്ളവരുടെ സ്വത്തിനെന്തിനും ആശിക്കതാരുടെയും ധനം അപ്പൊ നിങ്ങൾക്ക് അവര് നിങ്ങളോടുള്ള ധാരണം കൊണ്ട് എന്ത് ചെയ്തു കുറച്ച് പുരാണങ്ങൾ അതിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ നിങ്ങൾക്ക് അത് മതി അവരുടെ നിങ്ങൾക്ക് വേണ്ടി സന്തായിരിക്കും ആനവാൽ രോമം മോതിരം അതിനെ നിങ്ങൾക്ക് അവകാശമുള്ളൂ ആനയ്ക്ക് അവകാശം എന്താ ഈ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടി ഇതെന്നോട് ദിവ്യാങ് സ്വാമി എന്ന് ചോദിച്ചത് ബ്രാഹ്മണൻ്റെ വകയാണ് ശൂദ്ധൻ എന്തിനു തനിക്ക് വേണമെന്ന് പറയുന്നത് അവർക്ക് എന്തിനാണോ അവകാശമുള്ള അവരെടുത്തോട്ടെ അത് പുരാണങ്ങളാണ് അത് ബ്രാഹ്മണൻ കഴുകിക്കൊടുത്തേല്ലേ അത് മതി നിങ്ങളൊരു ജമ്മിയുടെ വീട്ടിൽ പോയി അവരുടെ ഭൂമിയിൽ കുടികടപ്പാലും അവസാനം കൂടുകിടപ്പ് അവകാശം എന്ന് പറഞ്ഞ് പത്ത് സെന്റ് തന്നു തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തൃപ്തി പ്രണേ ജമ്മിയുടെ മുഴുവൻ സ്വത്ത് ഞങ്ങൾ കൂടെ ആണോന്ന് പറയുന്നു ഇതേതാ ശരി കുടിക്കിടപ്പ് അവകാശം പത്ത് സെന്റ് തന്നു അത് വാങ്ങിച്ചു കൊണ്ട് പോകുന്നതിന്റെ മര്യാദ ഇന്നത്തെ നിയമം തന്നെ അതുകൊണ്ട് ബ്രാഹ്മണന്റെ സ്വത്തിന് എന്തിന് ശൂദ്രന്മാരും അവകാശവാദവും ഉന്നയിക്കും അതവരുണ്ടാക്കിയത് പിന്നെ അവരെന്തെങ്കിലും ദയവുകൊണ്ട് തണെങ്കിൽ അത് വാങ്ങിക്കണം അപ്പൊ ഞങ്ങളും അധികാരികളാണെന്ന് ശൂത്രന്മാർ പറയുന്നത് ശരിയാണോ ശരിയാണോ ഈ പറഞ്ഞ വ്യക്തി അനുസരിച്ച് ഇതിന് വേറെ വ്യക്തി വ്യക്തി അനുസരിച്ചാ ശരിയല്ല അത് പറയില്ല അവര് കണ്ടുപിടിച്ചാണ് നിങ്ങക്ക് കുറച്ചൊരു സൗജന്യം അവര് തന്നിട്ടുണ്ട് നിങ്ങൾ അത് വാങ്ങിക്കുടികടപ്പ് അവകാശം ആ പറയുന്നതിന് എന്താ തെറ്റ് അങ്ങനെ അവര് പറയുന്നില്ലല്ലോ ഞങ്ങളുണ്ടാക്കിയ ശാസ്ത്രങ്ങൾ അതിന്റെ അവകാശങ്ങൾ ഞങ്ങളാണെന്നല്ലേ പറയുന്നു ആകാശത്തുണ്ടായി അവര് പറയുന്നത് എന്താ തെറ്റ് അതാ ഞാൻ ചോദിക്കുന്നു ഒന്നുമില്ല അവര് പറയുന്നതിന് തെറ്റും തോന്നുന്നില്ലേ പക്ഷേ അധ്യയന ശക്തി അവരുടെ അവർക്ക് പ്രശ്നമില്ല ബാക്കി സൂത്രന്മാരുടെ കാര്യമാണ് പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്തു ചോട്ടം വേദാധികാര നിർവഹണത്തിൽ പറയുന്നത് അറിവിനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഗ്രാമൻ ശക്തി അങ്ങനെയാണെങ്കിൽ അവർക്ക് പറയാം ഉണ്ണാൻ ഞങ്ങൾക്കേ അവകാശമുള്ളൂ എന്ന് പറയാൻ പറ്റും എന്നാണ് സ്വാമി ചോദ്യം ഭക്ഷണത്തിന് എങ്ങനെയാണോ എല്ലാ മനുഷ്യർക്കും അവകാശമുള്ളത് അതുപോലെ അറിവും എല്ലാ മനുഷ്യർക്കും അവകാശമുള്ളതാണ് അത് അവര് ചെയ്ത് കൊടുത്തില്ല എന്നുള്ളതെല്ലാം നിഷേധിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം അറിവ് ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോയത് മറ്റുള്ളവർക്ക് അറിവ് ഉണ്ടാകുന്നതിനുള്ള എല്ലാ സോഴ്സുകളും അവരടച്ചാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇവിടെ ഞങ്ങളുടെ തലമുറകളിൽ മാത്രമായിട്ട് ഒതുക്കി മറ്റുള്ളവരെ വിദ്യാഭ്യാസത്തിൽ നിന്നെന്ത് ചെയ്തു അകറ്റി നിർത്തി അവിടെയാണ് തയ്യാറാവുന്നത് അകറ്റി നിർത്തിയിട്ട് ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തം എന്ന് പറയുന്നത് ഏതുപോലെയാണ് ബ്രിട്ടീഷുകാരോട് ഇതൊക്കെ പിടിച്ചെടുത്തിട്ട് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞത് ഇന്ത്യാക്കാരോട് പറഞ്ഞ എന്താണ് ഇതൊക്കെ ഞങ്ങളുടെ വക ചോദിച്ചവരെയൊക്കെ പിടിച്ചെന്ത് ചെയ്തു ജയിലിലിട്ട് അധിനിവേശം എന്ന് പറയും അപ്പൊ ഈ ബ്രാഹ്മണന് ചെയ്ത എന്താണ് അവര് അധിനിവേശം നടത്തിയത് ബാക്കിയുള്ളവരുടെ മേരിൽ അവരുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുത്ത് എന്നിട്ട് പറഞ്ഞൊക്കെ ഞങ്ങളുടെ സ്വന്തം ഉണർന്നു അറിവിനുള്ള അവകാശങ്ങളും നിഷേധിച്ച് അവര് ബലം ഈ പറയുന്നതിനൊന്നും ഈ പറയുന്ന വ്യക്തികൾക്കൊന്നും യാതൊരു അടിസ്ഥാനം എന്ന് വെച്ചാൽ വേദങ്ങളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചട്ടം വിശ്രമം വിശദമായി പറയുന്നുണ്ട് ബ്രാഹ്മണന് മാത്രമല്ല മന്ത്രദൃഷ്ടാക്ക അന്നത്തെ കാലഘട്ടത്തിൽ വേറെ ജാതികളും മേടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു സ്ത്രീകളും ഉണ്ടായിരുന്നു അവിടെ വേദം പറയുന്ന സ്ത്രീകളും ഉണ്ട് ഇവരെന്തെയ്തു ബ്രാഹ്മണന്മാർക്ക് മാത്രമാക്കി പുരുഷന്മാർക്ക് മാത്രമാക്കി ബാക്കിയുള്ളവരുടെ എല്ലാം ഇവരെ സ്വന്തമാക്കി ഞങ്ങളുടെ തലമുറയിൽ മാത്രം ഇത് പഠിച്ചാൽ മതിയെന്നു പറയൂ ഇതാണ് പൌരോഹിത്യം കൊണ്ടുള്ള നേട്ടം നമുക്ക് മാത്രമേ പറയുള്ളൂ അപ്പൊ മറ്റുള്ളവർക്ക് എന്തു ചെയ്തു അറിവിനെ അതെന്ത് എന്താണ് കുളദാത്ത അറിവായിക്കൊള്ളട്ടെ ഉപയോഗശൂന്യമായി കൊള്ളോട്ടെ പക്ഷെ എന്തറിവായത് ശരി അതെന്ത് ചെയ്തു ബഹുജനങ്ങൾക്ക് അവർ നിഷേധിച്ചു അങ്ങനെ നിഷേധിച്ചതിന് ശേഷം അപ്പൊ സ്വാഭാവികമായിട്ടും എന്തു ചെയ്തു പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും മറ്റ് തലമുറകളിൽ ഇല്ലാതെ പോയി എന്നിട്ട് അവര് പറയേണ്ടൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു ഇവരിതിന്റെ കടയ്ക്ക് കത്തിവെച്ച് മറ്റുള്ളവരുടെ ഇടയിൽ വിദ്യാഭ്യാസം ചെല്ലാതിരിക്കുന്നതിനുള്ള വഴിതടയിലാണ് അവർ ചെയ്തത് എന്നിട്ട് ഇനി ഇതൊക്കെ ഞങ്ങളുടെ എന്ന് പറയുന്നതിന് യാതൊരുത്ഥവും എന്താ ബ്രാഹ്മണരാണ് എന്ന് പറയുന്നതിന് യാതൊരു മറ്റുള്ളവരുടെ വകകൾ പിടിച്ചെടുത്തിട്ട് സ്വയം സംരക്ഷിച്ചവരാണ് ഇവർ ബ്രാഹ്മണർ എന്ന് ആരാണോ ഇതൊക്കെ ചെയ്തത് അവർ അല്ലാതെ ഒരു വർഗത്തെ ഞാൻ പറയുന്നില്ല കേട്ടോ ഇപ്പോ ഈ ഗൂഢാലോചന നടത്തി അതിന് സോഷ്യൽ കോൺസ്പ്രസിങ് അതൊരു സാമൂഹികമായ ഗൂഢാലോചനയാണ് അവർ നടത്തിയത് ബാക്കിയുള്ളവരെല്ലാവരും അവര് ബഹിഷ്കരിച്ചു പലതരത്തിൽ ക്ഷത്രിയനെയും ബഹിഷ്കരിച്ചു അവർക്ക് കുറച്ച് കൊടുത്ത് കുറച്ചു കൊടുത്തില്ല മറ്റുള്ളവർക്ക് അതിന് കുറച്ച് കൊടുത്തു ബാക്കിയുള്ളവർക്ക് അതിൽ പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കാനുള്ള അവകാശം ദണ്ഡ കയ്യിൽ നിന്ന് വെച്ചെടുത്ത് ക്ഷത്രിയെന്ന് മൈസീരും കൊടുത്തിട്ടാരിച്ചാലേ ആരെങ്കിലും പഠിക്കത്തുള്ളൂ ഭയങ്കര ചതിയത് അതുകൊണ്ട് ആ പറയുന്നതിനൊന്നും യാതൊരു അർത്ഥമുള്ള കാര്യങ്ങളല്ല ഇവർ അപഹരിച്ചതാണ് ശരി എന്നിട്ട് സ്വന്തമാക്കി വെച്ചിട്ട് അധിനിവേശമാണ് നടത്തിയത് അറിവിന്റെ അധിനിവേശം അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞലിഞ്ഞ് വരുന്നുണ്ട് പ്രയോഗത്തിൽ പ്രായോഗികമായി അത്രയൊന്നും ഇത് സിദ്ധാന്തം ചർച്ച ചെയ്യുമ്പോ ഇങ്ങനെ പറയും പ്രയോഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റുള്ളവരും പഠിപ്പിക്കുന്നു എന്ന് വിചാരിക്കും എന്തുകൊണ്ടിങ്ങനൊരു സിദ്ധാന്തം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ ബ്രാഹ്മണരെ ന്യായീകരിച്ചു സംസാരിക്കും അവര് ചെയ്താല് ശരിയെന്നു ഇന്ന് പഠിക്കാമോന്ന് ചോദിച്ചാൽ എല്ലാരും പഠിക്കട്ടെന്ന് സ്ത്രീകളും പഠിക്കുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷെ പഴയ പൂർവ്വകാലത്ത് എന്ത് ചെയ്യണം ന്യായീകരിക്കാൻ വേണ്ടിട്ട് അതൊക്കെ ശരിയാണെന്ന് പറയും വർത്തമാനമായ കാലത്ത് അതൊക്കെ നടക്കില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് പറയുക ശരി എല്ലാരും പഠിച്ചു അപ്പൊ അവരെ ഇതിൽ വരുന്നൊരു എന്താണ് ചൂഷകനും ചൂഷിതരും രണ്ടു വിഭാഗമാണത് അപ്പോ ചൂഷകന്റെ ചൂഷകരുടെ പിന്മുറക്കാർക്ക് പിന്നീട് വന്നവർക്ക് നമ്മുടെ പൂർവികന്മാരെല്ലാം ചൂഷകന്മാരാണ് മർദ്ദകന്മാരാണെന്നറിയുമ്പോർക്കും എല്ലാത്തൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടെന്തെയും അവരെ ന്യായീകരിക്കുക അതിനാണി ആർഷ സംസ്കാരവാദം എന്ന് പറയുന്നത് മനസ്സിലായോ ആർഷ സംസ്കാരവാദം എന്ന് പറയുന്നതാണ് പഴയകാലത്തെ ചൂഷകരും മർദ്ദിതരുമായിട്ടുള്ള ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടോ നമ്മുടെ പൂർവികന്മാരല്ലോ ആണല്ലോ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് അങ്ങനെയൊന്നും അവർ ചെയ്തതുകൊണ്ട് അതിനെ അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന എന്റെ പേരാണെന്ത് നിങ്ങളൊക്കെ പ്രസംഗിച്ചോണ്ടത് ഇത് നാടിനുള്ള പ്രചരിച്ചിരിക്കുന്ന മറിച്ചെന്തെങ്കിലും പറഞ്ഞാ തേർ സംഘടിതമായി ആക്രമിക്കും ഏർ മുന്റ് കമന്റ് ക്ഷേത്രത്തിലേ സമയം അഹിമതികൾക്ക് മാറണമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് ആചാരങ്ങളൊക്കെ മാറണമെന്ന് പറയുന്നു അപ്പൊ സംഭവം റിപ്പോർട്ടർ ചാനൽ എഴുതിയേക്കും സത്യൻ സമയം അഹിന്തക്കളെ കേട്ടോ അവർക്കൊരു സ്റ്റേറ്റ്മെന്റ് കേൾക്കാനില്ല ഇനി മുമ്പുള്ള ആചാരം ല്ല ക്ഷേത്രങ്ങളിൽ എല്ലാരും വരുന്നതാണെന്നാണ് ക്ഷേത്രത്തിന് വികസനം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ എഴുപതാകും കേട്ടത്തില്ലായിരുന്നു കാലത്ത് ക്ഷേത്രത്തിൽ പുരോഗതി ഇല്ലാതെ കോട്ടം ഉണ്ടായിട്ടില്ല അതും എല്ലാർക്കും കേളാ സ്വാതന്ത്ര്യം ജാതിയും പദവും നോക്കാതെ പോകുന്നുണ്ടല്ലോ ഗുരുവായൂർ പക്ഷെ ഇത് പർട്ടിക്കുലർ സെലിബ്രിറ്റികളൊക്കെ ആണല്ലോ അറിയുന്നത് അങ്ങനെ ഇപ്പൊ സ്ത്രീ വന്നതാണ് ഞാൻ നമ്മുടെ ആരാണ് ഇബ്രാമെ കൂട്ടു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഞാൻ ഒരുപാട് നമ്മുടെ കൂട്ടിലെ പൈന്മാരോട് പോയിട്ടുണ്ട് പഠിക്കുന്ന കുളത്തില് കാര്യം തുണിയാനും ചെയ്യണമെന്നുണ്ട് പക്ഷെ യും സൈബർ ആക്രമണം ഒരു രക്ഷയും ആ അവറങ്ങാൻ നോക്കത്തില്ല ഒരുപാട് പിന്നെ ഇല്ലാത്ത കാര്യങ്ങളും പറയും എന്താ പേര് ചെയ്യുന്ന സ്വാമി അങ്ങനത്തെ ഇങ്ങനത്തെ അതെല്ലാം പറഞ്ഞ് കഥകളുണ്ടാക്കി ഇത് അതല്ലെങ്കിൽ പുറത്ത് പറയാൻ മേ പൊറത്ത് പറഞ്ഞോ നമ്മളെ കുറിച്ചിവിടെ കഥകൾ ഉണ്ടാകും കഥകൾ ഉണ്ടാക്കി പറയാമോ എങ്ങനെയായത് ഇങ്ങനെയാണെന്ന് പറയും ശരി ഇതൊക്കെ ഇങ്ങനെയാണ് അതുകൂടെ പറയണോ